അള്ളാഹു സുബഹാനഹുവ ചായാലയായെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുന്നവർക്ക് അവരിൽ ഉത്തമമായ മാതൃകയുണ്ടായിരുന്നു ആരെങ്കിലും വിമുഖത കാണിച്ചാൽ തീർച്ചയായും അള്ളാഹു സുബഹാനഹുവ ചായാല തന്നെയാണ് എല്ലാവർക്കും വേണ്ടതെല്ലാം നൽകുന്നവനും സ്തുത്യർഹനുമായവൻ